അള്ളാഹുസുബാനഹൂവറ്റ് ആയാലെ അതായത് വിശുദ്ധ ഭവനത്തെ മനുഷ്യർക്കൊരു അഭയസ്ഥാനമായും വിശുദ്ധമാസത്തെയും ഹദീകളെയും കഴുത്തിലണിയുന്ന അടയാളങ്ങളെയും അനുവദിച്ചു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹു സുബഹാനഹൂവറ്റ് ആയാലെ അറിയുന്നുണ്ടെന്നും അള്ളാഹു സുബഹാനഹൂവറ്റ് ആയാലാ കാര്യങ്ങളെക്കുറിച്ചും സർവ്വജ്ഞനാണെന്നും നിങ്ങളറിയുന്നതിനാണിത്